റിവിൽ അവർക്ക് ലഭിച്ച പരമാവധി ഇതാണ് തൻറെ മാർഗത്തിൽ നിന്ന് ആരു വഴിപിഴിച്ചുവെന്ന് നിന്റെ രക്ഷിതാവ് കൂടുതൽ അറിയുന്നവരാണ് ആര് സന്മാർഗത്തിലായി എന്നും അവൻ കൂടുതൽ അറിയുന്നവരാണ്